അതിനാൽ ദൃഢനിശ്ചയമുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ മുഹമ്മദ് നബിസല്ലാഹ് അലഹി വസല്ലം ക്ഷമിക്കുക അവർക്കായി നിങ്ങൾ തിടുക്കം കാണിക്കരുത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് കാണുന്ന ദിവസം പകൽ സമയത്തെ ഒരു മണിക്കൂർ മാത്രമാണ് അവർ ഇവിടെ കഴിഞ്ഞതെന്ന് അവർക്കു തോന്നും ഇതൊരറിയിപ്പാണ് ദുർമാർഗികളായ ജനതയല്ലാതെ മറ്റാരെങ്കിലും നശിപ്പിക്കപ്പെടുമോ